മഹത്വം ഉണ്ടാകുവാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് വീണ്ടും ഒരു ഞായറാഴ്ച ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കുന്നല്ലോ നമ്മൾ നമ്മുടെ ആയിരിക്കുന്ന ജില്ല വലിയ പ്രയാസത്തിലൂടെ കടന്നു ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ദൈവം പക്ഷേ ഒരിടൻ തൻ്റെ ആടുകളെ പാലിക്കുന്നത് പോലെ സന്തോഷത്തോടെ മുന്നോട്ട് നടത്തുന്ന ദൈവത്തിൻ്റെ വഴികളെ ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കുഞ്ഞുങ്ങളെ വാക്യങ്ങൾ പറയുകയായിരുന്നല്ലോ കുഞ്ഞുങ്ങളുടെ വാക്യങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെയും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വാക്യം പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വാക്യം അല്ലെങ്കിൽ അവർ പെട്ടെന്ന് പറയുന്ന ഒരു വാക്യം ഏഹോ എൻ്റെ ഇടേനാകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അത്രയും മതി യഹോ നമ്മുടെ ഇടയനാകുന്നു അവൻ ഒരു ആടിനെ നടത്തിക്കൊണ്ടു പോകുന്ന പോലെ നമ്മളെ നടത്തിക്കൊണ്ടുപോകും നമ്മളെ യഷയാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഒരു ഇടയൻ ആടിനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഷയാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ ഇതാ ദൈവത്തെക്കുറിച്ച് പറയുന്നു ഒരു ഇടയനെപ്പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭൂജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും കണ്ടോ ആ ഇടയൻ്റെ ആടുകളോടുള്ള ഒരു വാത്സല്യം കണ്ടോ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവന് മറ്റൊരു കാര്യമില്ല അവൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇടയൻ്റെ മുഴുവൻ ശ്രദ്ധയും അവൻ്റെ ആട്ടിൻകൂട്ടത്തിൻമേലാണ് അവനെ മേയിക്കുക അവരെ പോഷിപ്പിക്കുക അവരെ പരിപാലിക്കുക അവരെ നടത്തുക ഈ കാര്യത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിതനായ ഒരു ഇടയൻ ആ ഇടയൻ പക്ഷേ ആടുകൾക്കെല്ലാം ഒരേ രീതിയല്ല ഇടയൻ്റെ കയ്യിലുള്ളത് കുഞ്ഞാടുകളെ താൻ ശ്രദ്ധിക്കുന്നു കുഞ്ഞാടുകൾ നോക്കുമ്പോൾ അവ കുറേ ഓടി ചാടി നടന്നുകഴിഞ്ഞിട്ട് അവയ്ക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് ഓടാനായിട്ടുള്ള കഴിവില്ലെങ്കിൽ ഈ കുഞ്ഞാടുകളെ അവിടെ നിന്ന് എന്തു ചെയ്യുന്നു ഈടെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നു കണ്ടോ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നു അവിടെയൊക്കെയും അതിനോടുള്ള കരുതൽ കാണിക്കുന്ന വാക്കുകളാണ് നമ്മൾ കാണുന്നത് കുഞ്ഞാടുകളെ തൻ്റെ ഭുജത്തിലെടുത്ത് മാർവിടത്തിലേക്ക് ചേർത്ത് അവയെ പോകുന്നു തള്ളയാടുകളുണ്ട് തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ തള്ളയാടുകളെ പതുക്കെ നടത്തുന്നത് നമ്മൾ ഈ ബൈബിൾ മുഴുവൻ നോക്കുമ്പോൾ സത്യത്തിൽ അതിൻ്റെ തുടക്കം മുതലൊക്കെയും ഉൽപ്പത്തി പുസ്തകം മുതൽ അവർ ഇസ്രായേൽ മക്കൾ പൊതുവെ ആടുകളെ മേയിക്കുന്നതും ഇടയൻ്റെ ജോലി ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ആ കൂട്ടത്തില് യാക്കോബ് അവൻ്റെ ജീവിതം തന്നെ അവൻ ഒരു ഇടേനായിട്ടും ആടുകളെ മേയിച്ചും ആടുകളെ പാലിച്ചും ഒക്കെ ജീവിച്ചവനാണ് അതുകൊണ്ട് അവസാനം താൻ ഉൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തെട്ടാമത്തെ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ എബ്രഹീമിനെയും മനുഷ്യയും അനുഗ്രഹിക്കുന്ന ഭാഗത്ത് അന്നേരവും നമ്മൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തെട്ടിൻ്റെ പതിനഞ്ചിൽ അവിടെ യാക്കോബ് പറയുന്നത് ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് എന്നെ ഒരു ഇടയനെ പോലെ നടത്തിയ ദൈവം ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ മലയാളം ബൈബിളിൽ ഇടയനെ പോലെ എന്നുള്ള പ്രയോഗമില്ല എന്നെ പരിപാലിച്ച ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ എന്നെ പരിപാലിച്ച ദൈവം ഈ കുട്ടികളെ പ്രേമിനെ മനുഷ്യയും തൻ്റെ ഏറ്റവും പ്രിയ പുത്രനായ രണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് പറയുകയാണ് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണം എന്താ ദൈവത്തിന് കൊടുക്കുമ്പോൾ എന്നെ ഒരു ഇടയനെ പോലെ നടത്തിയ ദൈവം ലൈക്ക് ഷെപ്പേട് ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ താൻ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോഴും താന് ദൈവത്തെ ഉപമിക്കാനായിട്ട് പറ്റിയ ഒരു ഉപമം നോക്കുമ്പോൾ അത് ഷെപ്പേട് ഇടയൻ എന്നുള്ളത് ഈ തനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല നോക്കുക അപ്പോൾ ആ ഒരു ഇടയൻ എങ്ങനെയാണെന്ന് ഈ യാക്കോബിന് തൻ്റെ അനുഭവത്തിൽ നിന്നറിയാം അവനെന്തു ചെയ്യും അവന് ഇടയൻ ആടുകളെ അതിൻ്റെ സ്വഭാവം അറിഞ്ഞ് നടത്തുന്നവനാണ് അതിനെ അതിൻ്റെ സ്വഭാവം അറിഞ്ഞ് നടത്തും ഉൽപ്പത്തി ദിവസം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഈ പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം താൻ ഏശാവിനെ കണ്ടുമുട്ടി താൻ ആടുമാടുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ യേശാവ് തന്നെ എതിരേറ്റ് വന്നു തന്നോട് വളരെ കരുണയോടെ പെരുമാറി എന്നിട്ട് ഏശാവ് യാക്കോബിനോട് പറയുന്നു നമുക്കൊന്നിച്ചു പോകാം അന്നേരം യാക്കോവ് പറയുന്ന ഒരു വചനം കണ്ടോ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളില്ല അപ്പോഴേ യാക്കോവ് പറയുന്നു യേശാവ് മുമ്പി പൊക്കോണ്ടാട്ടെ എനിക്കെന്തുണ്ട് എൻ്റെ കൂടെ കറവുള്ള ആടുകളും കന്നുകാലികളുമൊക്കെ ഉണ്ട് അവയെ വേഗത്തിൽ കൊണ്ടുപോയാൽ അത് കൂട്ടമെല്ലാം ചത്തുപോകും അവയ്ക്ക് നടക്കാൻ അവയുടേതായൊരു ഋഥമുണ്ട് അവയുടേതായ ഒരു താളമുണ്ട് അവയുടേതായ ഒരു സാവധാനതയുണ്ട് ആ നിലയിൽ സാവധാനതയോടെ ഞാൻ ഈ കറവുള്ള ആടുകളെയൊക്കെ നടത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഈ തള്ളയാടുകളെയൊക്കെ എടു അങ്ങനെ പതുക്കെ നടത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ചത്തുപോകും എന്നൊരു ഇടയൻ്റെ കരുതലോടെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ യാക്കോബ് പറയുന്നത് നമ്മൾ ഓർക്കുക അപ്പോൾ താന് ഇടയൻ എന്നുള്ള നിലയിൽ ആടുകളുടെ പ്രത്യേകത മനസ്സിലാക്കി കറവുള്ള ആടുകൾ കന്നുകാലികൾ അവയെ അധികമായി ഓടിക്കരുത് ചത്തുപോകും എന്നൊക്കെയുള്ള കരുതലോടെ താൻ വളരെ സാവധാനത്തിൽ ഇവയെ നടത്തിക്കൊണ്ട് പോകുന്ന ആ പരിചയമൊക്കെയുള്ള ആ യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവിടെ പറയുക ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ എന്നെ ഇടയനെ പോലെ നടത്തിയ ദൈവം അവിടെ ദൈവത്തെ വിശേഷിപ്പിക്കാൻ വേറൊരു പദം താനെ കണ്ടില്ല ആ ജീവിതവൃത്തിയിൽ ഇടയൻ എന്നുള്ളതാണ് ദൈവത്തിന് താൻ കൊടുക്കുന്ന ആ വിശേഷണം തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഇടയനാണ് തൻ്റെ കൂട്ടത്തെ ഓരോന്നിനെയും ശ്രദ്ധിച്ച് നടത്തുന്നത് പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ ഏഷയാവിൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ പതിനൊന്നിൽ നോക്കുക ഒരിടയൻ എന്താ ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുകയും അതുപോലെ തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും യാക്കോവ് പറഞ്ഞ പോലെ വേഗത്തിൽ നടത്താനായിട്ട് ഒക്കുകയില്ല ഓരോന്നിൻ്റെ പ്രത്യേകതയെ അറിഞ്ഞ് നടത്തുന്ന ഒരിടയനാണ് ദൈവം എന്നാണ് ഇവിടെ ഏഷ്യാവും പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക നമ്മളും ദൈവത്തെ നമുക്ക് നമ്മുടെ ഇടയനായിട്ട് കണ്ടാൽ ആ ഇടയൻ എന്തു ചെയ്യും നമ്മളെ നമ്മുടെ പ്രത്യേകത മനസ്സിലാക്കി നമ്മളെ കൊണ്ടു നടക്കും നമ്മൾ ഓരോരുത്തരും എല്ലാവരും വിശ്വാസികളാണെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട് ഈ ഇടയൻ എന്തറിയാം കുഞ്ഞാടുകളെ അവയുടെ പ്രത്യേകതയോടെ അറിയാം തള്ളയാടുകളെ അവയുടെ പ്രത്യേകതയോടെ അറിയാം ഓരോന്നിൻ്റെയും പ്രത്യേകതകളറിഞ്ഞ് അതിനോട് അതിൻ്റെതായ വിധത്തിൽ പെരുമാറുന്ന വാത്സല്യമുള്ള ഒരു ഇടയനായിട്ടാണ് ദൈവത്തെ ഇവിടെ ശയ്യാവ് പറഞ്ഞിരിക്കുന്നു നമ്മളും ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്കും നമ്മുടെ ദൈവത്തെ ഒരു ഇടയനെ പോലെ മനസ്സിലാക്കണം ദൈവം എന്താണ് അവൻ അവൻ നമ്മുടെ പ്രകൃതം അറിയുന്നവനാണ് നമ്മുടെ നേച്ചർ അറിയുന്നവനാണ് സങ്കീർത്തനത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നല്ലോ നമ്മുടെ നേച്ചർ അറിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വാക്യം എന്നെ പലപ്പോഴും സന്തോഷിപ്പിച്ചിട്ടുണ്ട് ആ നമ്മുടെ സ്വഭാവം അറിഞ്ഞിട്ട് നമ്മുടെ പ്രകൃതം അറിഞ്ഞിട്ട് അവിടെ എന്തോ ചെയ്യുന്നു നമ്മളോട് സഹതാപവും വാത്സല്യവുമാണ് അവിടത്തേക്ക് വരുന്നത് അവൻ നമ്മുടെ പ്രകൃതം അറിയുന്നു നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു നോക്കുക വലിയവനായ ദൈവം നമ്മുടെ പ്രകൃതം അറിയുന്നു നമ്മളെ അറിയുന്ന പോലെ നമ്മുടെ ശരിക്കുള്ള പ്രകൃതം വേണ്ട വിധത്തിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് തന്നെ ആ ദൈവം നമ്മുടെ പ്രകൃതം അറിയുന്നു പക്ഷെ നമ്മുടെ പ്രകൃതം അറിഞ്ഞാൽ സത്യത്തിൽ ആരും നമ്മളോട് സഹതാപമോ സ്നേഹമോ വാത്സല്യമോ തോന്നുകയില്ല അല്ലേ നമ്മൾ സത്യസന്ധമായിട്ട് നിജത്ത് കൈവച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പ്രകൃതം ശരിക്കുള്ള പ്രകൃതം അറിഞ്ഞാൽ ചിലർ പറയാറുണ്ടല്ലോ എനിക്ക് എൻ്റെ പ്രകൃതം തന്നെ ഇഷ്ടമില്ലാതിരിക്കുക എന്ന് പറയും ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതം തന്നെ ഇഷ്ടമില്ലാതിരിക്കും അപ്പം പിന്നെ വെളിയിൽ ഒരാൾക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രകൃതം ഇഷ്ടപ്പെടുന്നത് എങ്കിലും മറ്റാർക്കും ഇഷ് നമ്മുടെ പ്രകൃതം ഇഷ്ടമല്ലെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ പ്രകൃതത്തോട് വലിയ പ്രതിപത്തി ഇല്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന ദൈവം പറയുന്നു ഏ ഞാൻ അവരുടെ പ്രകൃതം അറിയുന്നു എന്നിട്ട് അവർ പൊടിയെന്നോർത്ത് അവരോട് സഹതാപം കാണിക്കുന്നു ഇവിടെയും ഇടയൻ എന്ത് ചെയ്യുന്നു ഇടയൻ അവൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു കുഞ്ഞാടികളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുന്നു തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു നമ്മളെ കടന്നു പ്രത്യേകിച്ചും ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വലിയ സ്വസ്ഥതയിലും സമാധാനത്തിലും ആയിരിക്കണം നമ്മൾ നമുക്കാരണ്ട് നമുക്കൊരു ഇടയനുണ്ട് ആ ഒരു കണ്ടെത്തിൽ ഹൃദയപൂർവ്വം നമ്മൾ നടത്തിയാൽ നമ്മളെ പരിപാലിക്കുന്ന മേയിക്കുന്ന നമ്മുടെ പ്രത്യേകതകൾ അറിഞ്ഞിട്ടും നമ്മളെ സ്നേഹിക്കുന്ന നമ്മെ ഭുജത്തിലെടുക്കുകയും നമ്മെ പതുക്കം നടത്തുകയും ചെയ്യുന്ന നമ്മുടെക്കൊരു വ്യക്തിപരമായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടയനുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളു അതിൽ കവിഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഈ ജില്ലയും ഒക്കെ കടന്നു ഈ കോവിഡിൻ്റെതായ വലിയ പയാശങ്കൾക്കിടയിലും നമ്മൾ ഒരു ഇടേനെ അറിയുന്ന ആ ഇടേൻ്റെ ഭുജത്തിൽ സ്വസ്ഥമായി അല്ലെങ്കിൽ ഇടേൻ്റെ കോലിന് കീഴേ സ്വസ്ഥമായി സാവധാനം തൻ്റെതായ ചുവടുകൾ വച്ച് നടക്കുന്നതുപോലെ നമുക്ക് മെല്ലെ ആശങ്കകളൊക്കെ ഇടേനെ ഏൽപ്പിച്ച് നമുക്ക് സാവധാനം മുന്നോട്ട് പോകാം ദൈവം നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മുടെ ഇടയനാണ് യഹോവ എൻ്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല ദൈവത്തെ ഇടയനെന്ന് കാണുന്ന ആ ഒരു സങ്കല്പം ബൈബിളിൻ്റെ തുടക്കം മുതലുണ്ട് നമ്മൾ പറഞ്ഞത് നമ്മൾ യാക്കോവിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ മുന്നോട്ട് വരുമ്പോൾ ദാവീദ് ഇരുപത്തിമൂന്നാം സം കീർത്തനം ജയിച്ച ദാവീദും യഹോവൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ താന് കേട്ട കേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുകയല്ല താനും ഒരു ഇടയനായിരുന്നു ആടുകളെ മേയിക്കുന്നവനായിരുന്നു അപ്പോ ഈ അത് കഴിഞ്ഞ് നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോഴോ യോഹനന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോ അതിൻ്റെ പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ യേശു യഹൂദന്മാർക്ക് പ്രിയപ്പെട്ട ആ ഇടയ സങ്കല്പം എടുത്തുകൊണ്ട് പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് മാത്രമല്ല അവിടെ അതിന് മറ്റൊരു ഡയമെൻഷൻ കൂടെ കർത്താവ് നൽകുന്നു നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് ഒരു നല്ല ഇടയനാണ് എന്ന് താനെ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇടയൻ്റെ പ്രത്യേകതകളെല്ലാം താൻ മനസ്സിലാക്കി നമ്മളെ കരുതുകയും മുന്നോട്ട് നടത്തുകയും തൻ്റെ ഭാഗത്ത് താൻ അത് ചെയ്യുകയും ചെയ്യും എന്നാൽ നമ്മൾ വായിച്ച ഐശയ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്നാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ച് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഒരു ഇടയനെ ആശ്രയിച്ച് ഇടയൻ്റെ ഭുജത്തിൽ ആ നിലയിൽ കണ്ടെത്തുന്ന ഒരു ആട് എങ്ങനെയുള്ളതായിരിക്കണം അതിൻ്റെ ജീവിതത്തോട് ചേർന്ന് ഒരു മൂന്ന് നാല് കാര്യങ്ങൾ അവിടെ നിന്ന് ആ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും നമ്മൾ നാൽപ്പതാമത്തെ അധ്യായം വായിക്കുമ്പോൾ എരിശിലൈമിനെ ഒരു എരിശിലൈമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് യശയ്യാപ്രവാചകൻ ആരംഭിക്കുന്നത് എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ ആശ്വസിപ്പിപ്പീൻ എന്ന് ദൈവം അരളി ചെയ്യുന്നു എരിശിലൈം അവളെ സംബന്ധിച്ച് ഏ എരിശിലേം എരിശിലേമിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എൻ്റെ ജനം അവളെ ആശ്വസിപ്പിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെ തുടക്കത്തിൽ എന്താ പറയുന്നത് അവളുടെ അകൃത്യം മോചിക്കപ്പെടും രണ്ടാമത്തെ വാക്യം കണ്ടോ അപ്പോൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ആ ഇടയൻ്റെ കൈക്കിലെ പോലെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല ഇടയനായ കർത്താവിൻ്റെ കൈക്കിലെ ആടുകളായിട്ട് നമ്മളായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് വേണ്ട ഒരു കാര്യം അതിർത്തിയം മോചിക്കപ്പെടുക എന്നുള്ളതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ കാലാകാലങ്ങളിലെ നമുക്ക് നമ്മുടെ പാപാവസ്ഥയെ കണ്ട് അതിൽ നിന്ന് മോചനം നേടി ദൈവസഭയിലേക്ക് വരുവാനായിട്ടിടയായി എന്നാൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്കെന്തുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ആ കല്പനാലംഘനമാണ് പാപം എന്നൊക്കെയുള്ള പാപത്തിൻ്റെ ആ നിലയിലുള്ള നിർവചനത്തെ മാറ്റി ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പാപബോധമുള്ളവരായി മുന്നോട്ടു പോകണം നമ്മുടെ വളർച്ചയുടെ ഒരു തെളിവ് അതാണ് ആ വളർച്ചയെന്ന് പറയുമ്പോൾ ഞാൻ കള്ളം പറയുന്നില്ല ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല പത്ത് കല്പനകൾ ഞാൻ പാലിക്കുന്നു ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല ഇങ്ങനെയുള്ള ലോകമനുഷ്യർ പോലും അവരുടെ ദൃഷ്ടിയിൽ പോലും നല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ടല്ല ക്രിസ്ത്യാനി ഒരു പക്ഷേ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും എന്നാൽ നാളുകൾ പോക പോകെ പോകെ അവൻ എന്ത് വേണം അവന് പാപത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വെളിച്ചം ലഭിച്ചുകൊണ്ടിരിക്കണം നമ്മൾ പാപത്തിൻ്റെ നിർവചനങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ നിന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ തേജസ്സിൽ കുറവായിട്ടുള്ളതെല്ലാം പാപമാണ് എന്നൊരു നിർവചനം അതായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ നിർവചനം അതാണ് നമ്മൾ പാപത്തിന്റെ നിർവചനമായിട്ട് അകൃത്യത്തിൻ്റെ നിർവചനമായിട്ട് എടുത്താൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ നിരന്തരം ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഒരു നിലവിളിയുള്ളവരായിട്ടായിരിക്കും നമ്മുടെ വാക്കുകൾക്ക് വലിയ പാരുഷ്യം ഉണ്ടായിരിക്കുകയില്ല വലിയ കഠിനത ഉണ്ടായിരിക്കുകയില്ല നമുക്ക് ആളുകളോട് ദയവോടെ പെരുമാറാനായിട്ട് കഴിയും കാരണം നമ്മുടെ തന്നെ അവസ്ഥ നമ്മൾ കാണുന്നു ദൈവികമായ വെളിച്ചത്തിലേ നമുക്കത് കാണാൻ കഴിയും നമ്മൾ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്തിട്ടും നമ്മൾ ദൈവ വിളിച്ചത്തിൽ ആ കാര്യത്തെ നോക്കുമ്പോൾ അതിലൊക്കെ ഈ സ്വാർത്ഥതയുടെ അംശം അതിൻ്റെ കറപുരണ്ടിട്ടുണ്ട് അതൊരു കറപുരണ്ട തുണിയാണ് നമ്മൾ അങ്ങനെ കാണുന്നുണ്ടല്ലോ നല്ല പ്രവർത്തികളെ ആണ് തുണി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തി പോലും ദൈവത്തിൻ്റെ നോട്ടത്തിൽ കറപുരണ്ട തുണിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ നമുക്ക് ആ പാപബോധം വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദൈവിക വെളിച്ചത്തിൽ അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുന്നത് നമ്മൾ നല്ല വാക്കുകൾ ആളുകളെ ഉത്സാഹിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടും നമ്മൾ പലപ്പോഴും ദൈവതേജസ്സിനൊപ്പമായില്ലോ എന്ന് കണ്ടെത്തും അല്ലെങ്കിൽ നമ്മൾ ചില നമ്മുടെ നിരൂപണങ്ങൾ പല കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അകൃത്യം മോചിച്ചു യരിശിലേമിൻ്റെ അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു എന്നത് കേവലം നമ്മൾ ഇത്ര വർഷം മുമ്പ് ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു എൻ്റെ അകൃത്യം മോചിച്ചു എന്നുള്ള ഒരു ഭൂതകാലത്തിൽ ഇരുന്ന് പോകരുത് രക്ഷയെക്കുറിച്ച് നമ്മൾ വേദപണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം രക്ഷയ്ക്ക് എന്തുണ്ട് രക്ഷയ്ക്ക് മൂന്ന് കാലങ്ങളുണ്ട് രക്ഷയ്ക്ക് ഒരു ഭൂതകാലമുണ്ട് നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആ ഭൂതകാലമാണ് അത് എന്നാൽ ഇന്ന് രക്ഷയുടെ ഒരു വർത്തമാനകാല അനുഭവത്തിൽ നമ്മൾ നടക്കണം അതെങ്ങനെയാ നടക്കുന്നത് ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം ദിനംതോറും രക്ഷിക്കപ്പെടണമെങ്കിൽ ദിനംതോറും നമ്മൾ നമ്മുടെ പാപത്തെ കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ അകൃത്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം ദിനംതോറും അങ്ങനെ നമ്മുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിനംതോറും ദൈവിക മുഖപ്രകാശത്തിൽ നടക്കണം ദൈവിക വെളിച്ചത്തിൽ നടക്കണം അങ്ങനെ നടക്കുന്ന ഒരു ജീവിതമാണ് ഒരു യഥാർത്ഥ ആടിന് വേണ്ടത് എന്ന് നമുക്ക് നാൽപ്പതിൻ്റെ രണ്ടിൽ നിന്ന് നമുക്ക് ആ നിലയിൽ സംക്ഷേപിച്ച് പറയാം പ്രിയപ്പെട്ടവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ വെളിച്ചം ലഭിക്കുകയും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ആ നിലയിൽ എപ്പോഴും ഒരു ആവശ്യക്കാരനെ പോലെ നിൽക്കുകയും നോക്കുക പാപിക്കാണ് കർത്താവിൻ്റെ ക്രൂശ് ആവശ്യമുള്ളത് പാപിക്കാണ് കർത്താവിൻ്റെ രക്ഷ നമുക്ക് രക്ഷയെന്ന് പറയുന്നത് പൂതകാലത്തിൽ ഉള്ള കഴിഞ്ഞ കാലത്തിൽ മാത്രം ആവശ്യമുള്ള ഒരു കാര്യമായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത് മറിച്ച് എന്താ ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ വർത്തമാന കാലത്തിൽ രക്തത്തെ നമ്മുടെ കഴുകലിനു വേണ്ടി ആവശ്യമുള്ളവരായിട്ടും കർത്താവിൻ്റെ ക്രൂശിൽ നിന്നുള്ള രക്ഷ ദിനംതോറും പ്രാപിക്കുന്നവരായിട്ടും നമ്മളായിരിക്കണം അല്ലാതെ ക്രൂശി നമുക്കൊരു പഴയകാല സംഭവമായി തീരരുത് രക്ഷുന്നത് ഒരു പഴയകാലത്തിൽ മാത്രം ഇരിക്കുന്നതാകരുത് നമ്മളുടെ അകൃത്യം ദിനംതോറും മോചിക്കപ്പെടുന്ന ഒരു അവസ്ഥ അതാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മളായിരുന്നാൽ എന്ത് പറ്റും നമുക്ക് അവിടെ നമ്മൾ നോക്കുക അവിടെ ആ വാക്യം തന്നെ നോക്കുക അവളുടെ അതിർത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യേഹോവിയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവീൻ അപ്പൊ കണ്ടോ അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം ഏഹോവിയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചും ഇരിക്കുന്നു എന്നവളോട് വിളിച്ചു ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവളുടെ പാപങ്ങൾക്ക് പകരം ദൈവം ഇരട്ടിയായിട്ട് അവളോട് ന്യായവിധി ചെയ്യും ഏഹ് പാപങ്ങൾക്ക് പകരം യഹോയുടെ കയ്യിൽ നിന്ന് ഇരട്ടി പ്രാപിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇരട്ടി ശിക്ഷ പ്രാപിക്കുമെന്നാണ് നമ്മൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകുന്നത് എന്നാൽ വചനത്തെ വചനത്തോടെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ യശയാവിൻ്റെ പുസ്തകം അറുപത്തൊന്നിൻ്റെ ഏഴാമത്തെ വാക്യം വായിക്കുക അതിൻ്റെ പകരമായിട്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്താ യശയാവ് അറുപത്തൊന്നിൻ്റെ ഏഴ് നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തെ ഇരട്ടി അവകാശം പ്രാപിക്കും നിത്യാനന്ദം അവർക്കുണ്ടാകും കണ്ടോ ദിനംതോറും ദൈവിക വെളിച്ചത്തിൽ നടക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ പാപാവസ്ഥയെ കണ്ട് അവൻ അനുദിക്കുമ്പോൾ ആ പാപത്തിന് കുറ്റബോധവും ശിക്ഷയുമല്ല അവന് ലഭിക്കുന്നത് മറിച്ച് എന്താ അവന് ലഭിക്കുന്നത് അവന് നിത്യാനന്ദം ലഭിക്കും സത്യത്തിൽ അവന്റെ പാപത്തിന് ലജ്ജയാണ് അവര് വരണ്ടത് പക്ഷെ ലജ്ജയ്ക്ക് പകരം സന്തോഷിക്കുന്ന ഓഹരി ദൈവത്തിൽ നിന്ന് ലഭിക്കും ഇരട്ടി അവകാശം ലഭിക്കും നാണമാണ് ശരിക്കു തോന്നേണ്ടത് പക്ഷെ നാണത്തിന് പകരം പ്രതിഫലം കിട്ടും അതുകൊണ്ട് നമ്മൾ നാൽപ്പതാമത്തെ യശിയാവ് നാൽപ്പതിൻ്റെ രണ്ടാമത്തെ വാക്യം അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവിയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചു എന്നുള്ളത് ഇരട്ടി ശിക്ഷയോ ഇരട്ടി കുറ്റബോധമോ ഇരട്ടി ലജ്ജയോ ഇരട്ടി നാണമോ അല്ല മറിച്ച് ഇരട്ടി പ്രതിഫലം ഇരട്ടിയായ ഓഹരി ഇരട്ടിയായ അവകാശം നിത്യാനന്ദം ഇവയാണ് ഈ നിലയിൽ ദിനംതോറും പാപങ്ങളുടെ കഴുകലിൽ ജീവിക്കുന്ന ഒരുവന് ലഭിക്കുന്നത് ഒരുവൾക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരേതാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ താഴ്മയിൽ നിർത്താനും ഈ കാര്യമാണ് പ്രധാനം സത്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വളർച്ച പ്രാപിച്ചാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത് ദൈവം അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മുടെ അനുതാപത്തിന് പകരമായിട്ട് നമുക്ക് നിത്യാനന്ദം നൽകിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ കരങ്ങളിലെ അവൻ്റെ ഭുജത്തിൽ ചേർത്ത് വഹിച്ചിരിക്കുന്ന ആടുകളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നാമത് പാപത്തോട് നമുക്ക ഗൗരവമുള്ള ഒരു മനോഭാവം ഉണ്ടാകണം എന്നാണ് നമ്മൾ ചിന്തിച്ചത് അത് ഭൂതകാല രക്ഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വർത്തമാനകാലത്തിലും തുടരുന്ന ഒന്നാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് പകരമായിട്ട് ആനന്ദവും സന്തോഷവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഹ്ലാദവും തന്നുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമതായിട്ട് നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് മറ്റൊരു വചനം നമുക്ക് നോക്കാം അതിൻ്റെ നാലാമത്തെ വാക്യം നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം കണ്ടോ ഈ വാക്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് പിന്നീട് ലൂക്കോസിൻ്റെ സുവിശേഷത്തില് എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം യോഹന്യാൻ സ്നാപകനെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു വാക്യമാണ് ലൂക്കോസ് മൂന്നിൻ്റെ നാല് മുതൽ ആറ് വരെ ഈ വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് കർത്താവ് വരുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വഴി നിരത്താനായിട്ട് വരുന്ന ആ നിലയിലുള്ള യോഹന്യാൻ സ്നാപകനെ കുറിച്ചുള്ളതാണ് പറയുന്നുണ്ട് എന്നാൽ നമ്മളെ ചിന്തിച്ചു വരുന്നതുമായിട്ട് ചേർത്ത് ഈ വാക്യം നമുക്കും പ്രസക്തമാണെന്ന് നമ്മൾ കാണണം നമ്മളെന്താ ഇവിടെ കാണുന്നത് ീ ഈ ഇവിടെ കേട്ടോ ഏഹോ നാലാമത്തെ വാക്യം എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം പഴയകാലത്ത് ഇസ്രായേലിലെ ആ നിലയിലെ ഒരു രാജാവ് പോകുന്നതിന് മുമ്പ് രാജാവിൻ്റെ ആ നിലയിലുള്ള പടയാളികൾ അവർ മുമ്പിൽ പോയി അവർ വഴി നിരപ്പാക്കും നിർജ കണ്ടോ അവിടെ നിർജ്ജന പ്രദേശത്ത് മൂന്നിന്റെ മൂന്നിൻ്റെ നാല്പതാമത്തെ അധ്യായം ഇതിന്റെ മൂന്നാമത്തെ വാക്യം മുതൽ കേട്ട ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും അപ്പോൾ അവിടെ മരുഭൂമിയിൽ ദൈവത്തിന് വഴിയൊരുക്കണം നിർജ്ജന പ്രദേശത്ത് ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുകയും താഴ്വര നികന്നും മലയും കുന്നും താണും വരണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം ഇത് കർത്താവായ യേശു ക്രിസ്തു പോകുന്നതിന് മുമ്പ് മഹാരാജാവായ കർത്താവ് വരുന്നതിന് മുമ്പ് അവൻ്റെ വഴി നിരപ്പാക്കാനായിട്ട് മുന്നോടിയായിട്ട് വന്ന യോഹന്യ സ്നാപകനെ കുറിച്ച് ലൂക്കോസിൽ നമ്മൾ ഈ ഭാഗം വായിക്കുന്നുണ്ടെങ്കിലും ഈ ഭാഗം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നമുക്കെടുക്കണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് നമ്മൾ പോകുന്നിടത്തൊക്കെ എഴുന്നള്ളാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ എഴുന്നള്ളാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം അവിടെ ദൈവത്തിന് സഞ്ചരിക്കത്തക്കവണ്ണം ഇതൊരു സ്ട്രെയ്റ്റായ ഒരു പാത്തായിരിക്കണം വളഞ്ഞ വഴിയാകരുത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടേതായ നികളങ്ങളും ആ നിലയിലുള്ള ഉയർച്ചകളും മലയും കുന്നുമുണ്ടെങ്കിൽ അത് താണു വരണം നമ്മുടേതായ വളവുണ്ടെങ്കിൽ വളഞ്ഞത് എന്താകണം ചൊവ്വായിട്ട് തീരണം ദുർഘടങ്ങളായ ചില മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് സമമായി തീരണം കണ്ടോ വഴി നിരത്തുക നിർജ്ജന പ്രദേശത്ത് പെരുവഴി അതുകൊണ്ട് എന്ത് വേണം നികന്നു വരണം കുറ്റബോധമോ ലജ്ജയോ അനാവശ്യമായ ആളുകളെ അഭിമുഖിക്കാനുള്ള മടിയോ ആ നിലയിലുള്ള താഴ്വരയുടെ അനുഭവങ്ങൾ നികന്നു മലയും കുന്നും പോലെയുള്ള ഉയർച്ചകളും നികളങ്ങളും താണു വരണം വളമുള്ളത് ചൊവ്വായിട്ട് വരണം ദുർഘടങ്ങൾ സമമായിട്ട് തീരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ ഈ കാര്യത്തെ എടുക്കണം കണ്ടോ ഇസ്ലൈമിന് ഒന്നാമത് അകൃത്യം മോചിക്കപ്പെട്ട് കിട്ടി രണ്ടാമത് വേണം രണ്ടാമത് കാര്യങ്ങളെല്ലാം ചൊവ്വായിട്ടായിരിക്കണം വളവ് മാറണം പ്രിയപ്പെട്ടവരെ കാരണം എന്താ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു രാജാവ് ഒരു ജൈത്രയാത്ര നടത്താനായിട്ട് ആര ആഗ്രഹിക്കുന്നു ഇരുപത്തിനാലാം സങ്കീർത്തനം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളെ നമുക്കറിയാം വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടെയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ ബലവാനും വീരനുമായേ യുദ്ധവീരനായ ഹോവ തന്നെ അപ്പം വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേ പ്രവേശിച്ച് നം നമ്മൾ പോകുന്നിടത്തെല്ലാം താനും ജൈത്രയാത്രയായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എന്തു വേണം നമ്മൾ ആ രാജാവിനായിട്ട് വഴിയൊരുക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ പെരുമാറ്റത്തിൽ വളവും പുളപ്പും ഉണ്ടാകരുത് നമ്മളുടെ ജീവിതത്തിലെ കുന്നും മലയും ഉണ്ടാകരുത് അത് താണു ദുർഘടങ്ങൾ സമമായി തീരണം അപ്പോൾ നിരന്തരം ആ നിലയില് നമ്മൾ ജീവിക്കുന്ന ഒരനുഭവം ഉണ്ടാവണം കാരണം നമ്മൾ ആരാണ് യോഹനാൽ സ്നാപകനെ പോലെ കർത്താവിന് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളൊരു വഴി നൽകുന്നവരാണ് അതുകൊണ്ട് ഈ കാര്യത്തെയും നമുക്ക് ഗൗരവമായിട്ട് എടുക്കണം ഇന്ന് ഈ കോവിഡിൻ്റെയൊക്കെ കാലമായിട്ട് ആളുകൾ പൊതുവെ മാനസികമായിട്ടൊരു വിലയിരുത്തലും ഒക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടോ ആരോടെങ്കിലും ആ നിലയില് മലയും കുന്നുള്ളവരായിട്ട് നികളത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും വളഞ്ഞ നിലയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താകട്ടെ വളഞ്ഞത് ചൊവ്വാകട്ടെ മലയും കുന്നും താണുവരട്ടെ ദുർഘടങ്ങൾ സമമായി തീരട്ടെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ടുള്ള ഒരു ഒരു സമയമായിട്ടെടുക്കുക ചിലർക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള ചിലർക്ക് കത്തെഴുതുക ചിലർക്ക് ചിലരെ ഒന്ന് ഫോണിൽ വിളിക്കുക ക്ഷമ പറയേണ്ടത് ക്ഷമ പറയുക കാര്യങ്ങളെല്ലാം മലയും കുന്നും താണു വരട്ടെ വളഞ്ഞത് ചൊവ്വായിത്തീരട്ടെ കാരണം മഹത്വത്തിൻ്റെ രാജാവ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ച് അവിടുന്ന് ഒരു ചൈത്രയാത്ര നടത്തുന്നു ആ രാജാവിനായിട്ട് നമ്മൾ വഴിയൊരുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഇവിടെ നിന്ന് നമുക്കെടുക്കാം നമുക്ക് ആ മൂന്നാമത് ഒരു കാര്യം അതാ അതിൻ്റെ ഏഴാമത്തെ വാക്യം ശിയാവ് നാൽപ്പതിൻ്റെ ഏഴ് അവിടെ പറയുന്നു യഹോയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതേ ജനം പുല്ല് തന്നെ പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു കണ്ടോ മൂന്നാമതായിട്ട് ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം ഉണ്ടാകണം ദൈവവചനം ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിട്ടുള്ളത് നമ്മുടെ നല്ല തോന്നലുകളല്ല ശരി തെറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളല്ല നമ്മളെ നയിക്കേണ്ടത് ദൈവവചനം ദൈവവചനത്തെ നമ്മൾ നിഷ്കളങ്കമായിട്ടൊരു കുഞ്ഞ് ആ പാലിനായിട്ട് ദാഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ ദൈവവചനത്തിനായിട്ട് നമുക്കൊരു ദാഹമുണ്ടാകണം കാരണം നമ്മളിവിടെ വായിച്ചത് നാൽപ്പതിൻ്റെ എട്ടിൽ വായിച്ചത് നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും മത്ത എഴുതി ദിവസം വിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തഞ്ചിൽ നമ്മൾ വായിക്കുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല കർത്താവ് തന്നെ പറയുന്നു കണ്ടോ ഒഴിഞ്ഞു പോകാതെ നിലനിൽക്കുന്ന ഒരു കാര്യം ദൈവവചനമാണെങ്കിൽ നമ്മൾ ദൈവവചനത്തെ തന്നെ ഈ ദിവസങ്ങളിൽ എത്ര പ്രാധാന്യം കൊടുക്കണം നമ്മൾ പലരും വീടുകളിലായിരിക്കുമ്പോൾ കൂടുതൽ ദൈവവചനം വായിപ്പാനും അതിൽ നിന്ന് അത് കേവലം വായിച്ചു പോകുന്നതല്ല അത് നമ്മുടെ നമ്മുടെ ജീവിതത്തോട് സംസാരിക്കട്ടെ നമ്മളോട് സംസാരിക്കട്ടെ ആ നിലയിൽ അങ്ങനെ ഈ ദൈവവചനം നമുക്ക് ജീവനുള്ള ഒന്നായി തീരണം നമുക്കറിയാമല്ലോ ദൈവവചനത്തെക്കുറിച്ച് ലോഗോസ് എന്നും റീമെന്നും രണ്ട് പ്രയോഗങ്ങളുണ്ട് റീമ എന്ന് പറയുന്നത് അത് കേവലം എഴുതപ്പെട്ട വചനമല്ല ലോഗോസാണ് എഴുതപ്പെട്ട വചനം റീമ എന്ന് പറയുന്നതോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് തന്നെയുള്ള വചനമാണ് എന്നു വെച്ചാൽ എഴുതപ്പെട്ട വചനം ലോഗോസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് റീമയായി തീരണം നമ്മുടെ ജീവിതത്തോട് സംസാരിക്കണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസങ്ങളിലെ ദൈവവചനം ജീവനുള്ളതായി തീരട്ടെ ലോകോസ്വറീമയായി തീരട്ടെ കാരണം ദൈവത്തിൻ്റെ വചനമാണ് എന്നേക്കും നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യം അടുത്ത ഒരു കാര്യം ഒൻപതാമത്തെ വാക്യത്തിൽ യരിശലേമിനോട് പറയുന്നു നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക ഭയപ്പെടാതായ ഭയപ്പെടാതെ ഉയർത്തുക ദൈവസന്നിധിയിലുള്ള ഒരു നിലവിളി ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട് ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അതെങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കാനായിട്ട് ഒക്കുന്നത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാനൊക്കുമോ അത് കർത്താവ് വിശദീകരിക്കുന്നുണ്ട് ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ ഒരു ഉപമ പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് അതെന്താണ് ഒരു വിധവയുടെ മനോഭാവം നമുക്കുണ്ടായിരിക്കുക എപ്പോഴും ആവശ്യക്കാരനെപ്പോലെ ദൈവസന്നിധിയിലായിരിക്കുക അതാണ് പ്രാർത്ഥനയുടെ മനോഭാവം അപ്പം നമ്മളിവിടെ നിന്ന് നാല് കാര്യങ്ങളാണ് ചിന്തിച്ചത് ഒന്ന് അകൃത്യം മോചിക്കപ്പെട്ടു എരിശ്ലൈമിൻ്റെ അകൃത്യം മോചിക്കപ്പെട്ടു നമ്മളുടെ അകൃത്യങ്ങളെ കർത്താവ് മോചിച്ചു ഇന്നും ആ നിലയിൽ രക്ഷയുടെ വർത്തമാനകാലത്തിലും ജീവിക്കുന്നവരായിരിക്കണം രണ്ടാമത് കുന്നും മലയും താണുവരണം അതുപോലെ തന്നെ വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമാകിയും തീർക്കുന്ന ദിവസങ്ങളാക്കി ആയിരിക്കട്ടെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് ദൈവവചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നാലാമത് നമ്മൾ പറഞ്ഞത് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു സജീവമായ യാഥാർത്ഥ്യമായി തീരട്ടെ അത് കേവലം വർത്തമാനം പറയുന്നതല്ല വാക്കുകൾ കൊണ്ട് പറയുന്നതിനപ്പുറത്ത് ആ പ്രാർത്ഥനയുടെ ഒരു വിധവയുടെ നിസ്സഹായതയിലുള്ള ആ വിധവയുടെ ഒരു മനോഭാവത്തിൽ നമ്മൾ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അങ്ങനെയുണ്ടെങ്കിൽ ഈ നാല് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായാൽ കർത്താവ് ഒരു ഇടയനെ പോലെ നമ്മളെ മേയിക്കും നമ്മളെ തൻ്റെ പൂജത്തിൽ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കും പതുക്കെ നമ്മളെ മുന്നോട്ട് നടത്തും ദൈവം നമ്മുടെ ഇടയനായിട്ടുണ്ട് ഭയപ്പെടണ്ട ഏഹോ വ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല